അധ്യായം ആറ് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം വീഞ്ഞിന്റെ കാടിയടിയും മദ്യത്തിന്റെ കാടിയടിയും കുടിക്കരുതരുത് മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുതരുത് മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുതരുത് തന്റെ നാസീർവ്രത കാലത്തൊക്കെയും കുരു മുന്തിരിങ്ങ കൊണ്ട് ഒന്നും അവൻ തിന്നരുതരുത് സീർവ്രത കാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത് യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം തലമുടി വളർത്തണം അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത് അപ്പൻ അമ്മ സഹോദരൻ സഹോദരിയരി എന്നിവരിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അവരാൽ അവൻ തന്നെത്താൻ അശുദ്ധനാകരുത് അവന്റെ ദൈവത്തിന്റെ നാസീർവ്രതം അവന്റെ തലയിൽ ഇരിക്കുന്നു നാസീർവ്രത കാലത്തൊക്കെയും അവൻ യഹോവയ്ക്ക് വിശുദ്ധനാകുന്നു അവന്റെ അടുക്കൽ വച്ച് വല്ലവനും പെട്ടെന്ന് മരിക്കുകയും അവന്റെ നാസീർവ്രതമുള്ള തലയെ അശുദ്ധമാക്കുകയും ചെയ്താൽ അവൻ തന്റെ ശുദ്ധീകരണ ദിവസത്തിൽ തല ക്ഷൗരം ചെയ്യണം ഏഴാം ദിവസം അവൻ ക്ഷൗരം ചെയ്യാണ് എട്ടാം ദിവസം അവൻ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻകുഞ്ഞിനെയോ പുരോഹിതന്റെ അടുക്കൽ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിച്ച് ശവപ്പാൽ അവൻ പിഴച്ചതുകൊണ്ട് അവനുവേണ്ടി പ്രായച്ചിത്തം കഴിച്ച് അവന്റെ തല അന്ന് തന്നെ ശുദ്ധീകരിക്കണം അവൻ വീണ്ടും തന്റെ നാസീർവ്രതത്തിന്റെ കാലം യഹോവയ്ക്ക് വേർതിരിച്ച് ഒരു വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ അകൃത്യയാഗമായി കൊണ്ടുവരണം അവന്റെ നാസീർവ്രതം ശുദ്ധമായി പോയതുകൊണ്ട് മുമ്പലത്തെ കാലം തള്ളിപ്പോകേണം വ്രതസ്ഥന്റെ പ്രമാണം അവിത് അവന്റെ നസിർവ്രതത്തിന്റെ കാലം തികയുമ്പോൾ അവനെ സമാഗമന കുടാരത്തിന്റെ വാതുക്കൽ കൊണ്ടുവരേണം അവൻ യഹോവയ്ക്ക് വഴിപാടായി ഹോമയാഗത്തിന് ഒരു വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻകുട്ടി പാവയാഗത്തിന് ഒരു വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണാട്ടിൻകുട്ടി സമാധാനയാഗത്തിന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റൻ ഒരു കൊട്ടയിൽ എണ്ണ ചേർത്ത് മാവ് കൊണ്ടുണ്ടാക്കിയ പുളിപ്പില്ലാത്ത ദോശ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വട എന്നിവയും അവയുടെ ഭോജനയാഗവും പാനീയയാഗങ്ങളും അർപ്പിക്കണം പുരോഹിതൻ അവയെ യഹോവയുടെ സന്നദ്ധിയിൽ കൊണ്ടുവന്ന് അവന്റെ പാപയാകവും ഹോമയാകവും അർപ്പിക്കേണ്ട അവനാട്ടുകൊറ്റനെ കൊട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ യഹോവയ്ക്ക് സമാധാനയാഗമായി അർപ്പിക്കേണ്ട പുരോഹിതൻ അതിന്റെ ഭോജനയാകവും പാനീയയാകവും കൂടെ അർപ്പിക്കേണ്ട പിന്നെ വൃദ്ധസ്ഥൻ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൾ വച്ച് തന്റെ വ്രതമുള്ള തല ക്ഷൗരം ചെയ്ത് തന്റെ വ്രതമുള്ള തലമുടിയെടുത്ത് സമാധാന യാഗത്തിൻ കീഴുള്ള തീയിൽ ഇടണം വ്രതസ്ഥൻ തന്റെ വ്രതമുള്ള തല ക്ഷൗരം ചെയ്ത ശേഷം പുരോഹിതൻ ആട്ടുകൊറ്റന്റെ വേവിച്ച കൈക്കുറകും കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു ദോശയും ഒളിപ്പില്ലാത്ത ഒരു വടയുമെടുത്ത് അവയെ വ്രതസ്ഥന്റെ കയ്യിൽ വെക്കണം പുരോഹിതൻ അവയെ യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്യണം ഇത് നിരാജനം ചെയ്ത നെഞ്ചോടും ഉദർച്ച ചെയ്ത കൈക്കുറകുകളോടും കൂടെ പുരോഹിതനു വേണ്ടി വിശുദ്ധമാകുന്നു അതിന്റെ ശേഷം വ്രതസ്ഥന് വീഞ്ഞു കുടിക്കാം ്രതം ദീക്ഷിക്കുന്ന വ്രതസ്ഥൻറെയും അവൻ തന്റെ പ്രാപ്തി പോലെ കൊടുക്കുന്നതു കൂടാതെ തന്റെ നാസിർവ്രതം ഹേതുവായി യഹോവയ്ക്ക് കഴിക്കേണ്ടുന്ന വഴിപാടിന്റെയും പ്രമാണം ഇതുതന്നെ അവൻ ദീക്ഷിച്ച വ്രതം പോലെ തന്റെ നാസീർവ്രതത്തിന്റെ പ്രമാണത്തിന് അനുസരണയായി തന്നെ അവൻ ചെയ്യണം യഹോവ പിന്നെയും മോശയോടെ അരുളി നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത് നിങ്ങൾ ഇസ്രയേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ യഹോവാ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവാ തിരുമുഖം നിന്റെ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവൻ ആകട്ടെ യഹോവാ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനമനം നൽകുമാറാകട്ടെ ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കേണ വേണം ഞാൻ അവരെ അനുഗ്രഹിക്കും